ബോധ്യത്തെ ത സംസാരനാ മയം പൂത്രോയം നത്ത ക്ഷേത്രം പശവോ അഹമേഷാം സ്വാമി സുഖി ദുഃഖി ചൈതോഹമനെയ വർദ്ധശ്ചാനം പ്രകാരാണെ പശ്യൻ സൂക് വേദഭിന് പരമകുണികുരുസഹേഫലാത്മക ഒന്നും രണ്ടും പാദങ്ങളാണ് കഴിഞ്ഞ ദിവസം ചർച്ച പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ ജാഗ്രതും സ്വപ്നവും സുഷുതിയും ഇതെല്ലാം ഒരുപോലല്ല ആ സശുപ്തിയിൽ ബീജരൂപത്തിലിരിക്കുന്നു ജാഗ്രത സ്വപ്നത്തിനും അന്യഥാഗ്രഹം ജാഗ്രത സ്വപ്നവും തലത്തിലൊരു സ്വപ്നം അതുകൊണ്ട് ഈ രണ്ട് സ്ഥാനത്തിനും സുഖവും ദുഃഖമെല്ലാം അനുഭവിച്ചുകൊണ്ട് പരമാർത്ഥത്തെ ബോധിക്കാതെ കഴിയും അവിടെ പരമകാരുണികനായ ഒരു ഗുരു ബോധിപ്പിക്കുന്നു തത്വമസിന്ന് ബോധിപ്പിക്കുന്നു യഥാത്തതായും പ്രതിബുദ്ധിതേ ഇതിനൊരു ഉറക്കത്തോടാണ് ഉപയോഗിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർന്നിരിക്കുന്നവൻ വിളിക്കുമ്പോൾ അവൻ തക്ഷണം തന്നെ ഉണരുന്നു എപ്പോഴാണോ അവൻ ആ വിളി കേൾക്കുന്നതാ സമയം അവൻ ഉണരുന്നു അടുത്തിനി വരുന്ന രണ്ടു കാര്യങ്ങൾ പതിനേഴും പതിനെട്ടിലും ഈ കാര്യം തന്നെ പറയുന്നു അപ്പൊ നമുക്ക് ഉണരുന്നതിന് തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല ഉറങ്ങിക്കിടങ്ങുന്നവൻ ഉണരുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ ഉണരുന്നത് മരിച്ചു കിടക്കുന്നവനെ വിളിച്ചാൽ ഉണരത്തില്ല പക്ഷെ ഉറങ്ങി കിടക്കുന്നവനെ വിളിച്ചാൽ ഉണരും എന്തുകൊണ്ട് അവന് ഉണരാൻ പറ്റുന്നു അവിടെ ബോധപൂർവം ചെയ്തിട്ടില്ല ഉണരുന്നവർ എനിക്ക് ഉണരണമെന്ന് ആഗ്രഹിക്കുകയോ ഉണരാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ അങ്ങനെ യാതൊന്നും ചെയ്യുന്നില്ല മാത്രം മറ്റൊന്നിനെ അവിടെ അപേക്ഷിക്കുന്നു ഉണർവെന്ന് പറയുന്നത് നിരപേക്ഷമാണെന്ന് പറയും ഇവിടെ അങ്ങനെയാണ് പറയുന്നത് യഥാ തഥായുപം പ്രതിബുദ്ധി ഏത് സമയമാണോ വിളിക്കുന്നത് ആ സമയം ഉണ്ടാക്കുന്നു ഏത് സമയമാണോ തത്വം ശ്രവിക്കുന്നത് അപ്പൊ ബോധിക്കുന്നു അതിന് അതും മറ്റും ഒരു തരത്തിലുള്ള യോഗ്യതയും അപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം ആധ്യാത്മിക സാധനങ്ങൾക്കെല്ലാം ഓരോ തരത്തിലും ഓരോ യോഗ്യതകളെ പറയുന്നുണ്ട് ഓരോ സാധനയ്ക്കും അതാത് യോഗ്യതകളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ പരമാർത്ഥമായ ഈ തത്വത്തെ ബോധിക്കുന്നതിന് അത് ഒന്നിനെ ആശ്രയിക്കുന്നുണ്ട് നിരപേക്ഷമാണ് കാരണം ഇതുപോലെ അതിനാണ് ഈ ഉറക്കത്തിന്റെ ഉദാഹരണം പറയുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവനെന്തിനെ ആശ്രയിച്ചു അവൻ അവിടെ ഉറങ്ങണമെന്ന് വിചാരിക്കുന്നു ഉണരണമെന്ന് കരുതുന്നില്ല അതിനുവേണ്ടിയിട്ട് അവൻ ഒരു തയ്യാറെടുപ്പും നടത്തുന്നില്ല അതങ്ങനെ സംഭവിക്കുന്നു അത്രയുള്ളൂ ഇവിടെയും നമ്മൾ സാധന ചതുഷ്ഠയ സമ്പന്നൻ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള യോഗ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട് യോഗാഭ്യാസത്തിന് അതിന്റെ യോഗ്യതകളെക്കുറിച്ച് പറയുന്നുള്ളൂ പക്ഷെ ജ്ഞാനം ഇതിനൊന്നിനെ അപേക്ഷിച്ചല്ലോ ഉണ്ടാവുന്നു എന്നാണ് എന്തുകൊണ്ട് ആത്മാവ് നിരപേക്ഷമാണ് ഇത്തരം യോഗ്യതകളെല്ലാം അഭിപ്രതിയിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നതിന് ഒരൊറ്റ താല്പര്യമാണ് കാരണം ഒരു ഒരു ജീവൻ എന്താണ് സ്വയം ഇതിന് പലതരത്തിലുള്ള മറകളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ പരമാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബോധിക്കത്തില്ല ഇവൻ സ്വയം സൃഷ്ടിച്ച ഈ മറകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗ്യതകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് അല്ലാതെ ആ യോഗ്യതയെ ആശ്രയിച്ചത് ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അപ്പൊ പരമമായ ആ യോഗ്യത എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉറക്കത്തിൽ നിന്നുള്ള ഉണർവിനെ കുറിച്ച് പറയുന്നത് സാധാരണ നമ്മൾ ധരിക്കും വളരെ ബുദ്ധിമാൻ മേധാവി എന്നൊക്കെ പറയാറുള്ളത് വളരെ ബുദ്ധിമാനായിട്ടുള്ളവനാണിത് പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയില്ലാത്തവന് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം ബുദ്ധിയാണ് നല്ല ബുദ്ധിശക്തിയാണ് ഇതിനൊരു പ്രധാനമായി വേണ്ടത് അല്ലാത്തവന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് ധരിക്കും ബുദ്ധിയും ഇതിൻ്റെ ഒരു ഉപായമായി പറയാൻ പറ്റത്തില്ല തത്വബോധത്തിന് ശാസ്ത്രങ്ങളെ ഗ്രഹിക്കുന്നതിന് ബുദ്ധി സഹായിക്കും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നമ്മുടെ ബുദ്ധി അടുക്കും ചുട്ടയുമായിട്ടുള്ള ഓർമ്മിച്ച് വെക്കാം അതിന് ബുദ്ധി സഹായിക്കും പക്ഷെ തത്വബോധത്തിന് തത്വബോധം ഒരിക്കലും നമ്മുടെ ബുദ്ധി അപേക്ഷിക്കുന്നില്ല ബുദ്ധിപൂർവ്വമായിട്ട് ആരും തത്വബോധം ഉണ്ടാവുന്നില്ല കാരണം നമ്മളാരും ഒരിക്കലും ബുദ്ധിപൂർവമായിട്ട് ഉണരാറില്ല ബുദ്ധിപൂർവമായി ഉറങ്ങിക്കിടക്കുന്നവനെ സംബന്ധിച്ച് എന്താണ് ബുദ്ധിയുള്ളവനും ബുദ്ധി ഇല്ലാത്തവനും അവിടെ മൂഢനും വിദ്വാനും ഉറങ്ങുമ്പോ രണ്ടും പറയാൻ പറ്റത്തില്ല ഒരുപോലെ ഉണർന്നത് അവന്റെ ബുദ്ധിയെ വിദ്വത്തെ അല്ലെങ്കിൽ മൂഢതയെ ഒന്നിനും ആശ്രയിച്ചിട്ടുണ്ട് ഉണർന്നു അത്ര മാത്രം അതേ പറയാൻ പറ്റും യഥാ തഥാ ഏവം പ്രതിബുദ്ധിയതേ ഇവിടെ ഉണർവിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ ഉണരുന്നതിനുള്ള എന്താണാ വിശേഷത നമുക്ക് അങ്ങേറ്റം പറയാമെന്നുള്ളത് ഉണരുന്നതിനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സന്നദ്ധത അവൻ ഉണ്ടായിരുന്നു മരിച്ചു കിടക്കുന്നവനതില്ല അങ്ങനെ ഒന്നുണ്ട് അതിനെ നമുക്ക് ആ ഉണരുന്നതിനുള്ള ഒരു സാധ്യത എന്ന് വേണമെങ്കിൽ പറയാം അതിനുള്ള ഒരു സന്നദ്ധത എന്ന് പറയാം അത് ആ വ്യക്തിയിലുണ്ടായിരുന്നു അത് അതുമാത്രമേ ഇവിടെ ആവശ്യവും ബുദ്ധിയെ അല്ലെങ്കിൽ മറ്റൊന്നിനെയും അത് ആശ്രയിക്കുന്നുണ്ട് ഈ ഉണർവിൽ ബുദ്ധിയും മറ്റും ആവശ്യമാണ് അത് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കാവശ്യമാണ് അതിനുവേണ്ടിട്ടാണ് ബുദ്ധിയും മറ്റും ആവശ്യമായി വരുന്നത് ഈ ഉണർവിന് വേണ്ടിയിട്ടല്ല ഉണർവ് അതിനൊന്നും ആശ്രയിക്കുന്നില്ല ഊഹാപുഹ വിചക്ഷണത മറ്റെല്ലാം പറയും ശമതമാതി ഗുണങ്ങളെന്നെല്ലാം പറയും അതുകൊണ്ട് ഇവിടെ പറയുന്നത് യഥാർത്ഥ ദായവും പ്രതിബുദ്ധിതേ എന്ന് പറയുന്നത് ഇവിടെ വാസ്തവത്തിൽ ഉണർന്നിരിക്കുകയാണ് ഈ ഉണർവില്ലുള്ള ഒരൊണർവാണ് എന്ന് പറയും പരവുമായൊരു ജാഗ്രതയിലുള്ള ഒരു ജാഗ്രത ഇവിടെയും അതിനുള്ള ഒരു സന്നദ്ധത മാത്രം മതി ഗ്രഹിക്കുന്നതാണ് ഇവിടെ ആ എന്ന് പറയുന്നത് എന്താണ് ഇതിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ളതും നമ്മൾ സമ്പാദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ആ ധാരണകളിൽ നിന്നെല്ലാം ഒരുവൻ സ്വയം മുക്തനാവുക അതാണിവിടത്തെ അതാണ് ഇവിടുത്തെ ആ നിരപേക്ഷത എന്ന് പറയുന്നത് സുഷുതി പോലെ സുഷുതി ധാരണയില്ല ഒരു സങ്കല്പങ്ങളുമില്ല അവിടെ എന്ത് നമ്മൾ എല്ലാ ധാരണകളിൽ നിന്നും എല്ലാ സങ്കല്പങ്ങളിൽ നിന്നും മുക്തനായിരിക്കും അവിടെ എന്തൊന്നു മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതെന്താണെന്ന് നമുക്കറിയാനും ചെയ്യാം അവിടെ എന്ത് ചെയ്യുന്നു നമുക്ക് ഉണരാൻ പറ്റും ആ ഒരവസ്ഥയിൽ ഒരു സങ്കല്പങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഉണരാൻ പറ്റുന്നു അവിടെ ഉണരുന്നത് അതുപോലെ ഇവിടെയും ജാഗ്രത്തിന് നമ്മൾക്ക് ധാരണകളിൽ നിന്നെല്ലാം നമ്മൾ മുക്തനായാൽ സങ്കല്പങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മുക്തനായിരുന്നാൽ നിരപേക്ഷനായിരുന്നാല് ശ്രവണം കൊണ്ട് ഉണരാന് പറ്റും അതെവിടെ യഥാർത്ഥത കാലതാമസം പറയുന്നു പ്രതിബോധ്യമാണോ യഥാർത്ഥത എപ്പോഴാണോ ശ്രവണം ചെയ്യുന്നത് അപ്പോ തന്നെ അത് ബോധിക്കുന്നു പിന്നെ ഒരു പരിശ്രമത്തിന്റെ അവിടെ ആവശ്യമില്ല എന്ന് മുമ്പ് പറഞ്ഞു ഉണർന്നവന് പിന്നെ ഉണരാൻ വേണ്ടി ഒരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല ഉണർന്നിട്ട് ഉണരാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ല നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഇതിനെ അജം അനിദ്രം യഥാജീവ പ്രബുദ്ധത സുപ്തനായിരിക്കുന്നവൻ ഉണരുന്നു എന്നെല്ലാം ഇതിന് സുശക്തിയോട് ബന്ധപ്പെട്ടി പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ബുദ്ധിയും മറ്റ് യോഗ്യതകളും ഒക്കെ എന്താണ് അതിന്റെയൊക്കെ ആവശ്യം എവിടെയാണ് തമിഴിലുള്ള ചില വേദാന്തശാസ്ത്രങ്ങളിലൊക്കെ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായി പറയും അധികാരിയെ കുറിച്ച് പറയും ചിലടത്ത് പറയും വാദ പിത്ത കഫങ്ങളിൽ പിത്തം കൂടിയിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയും നമുക്ക് തമാശയായിട്ട് പോകും അധികാരിയെക്കുറിച്ച് പറയാം വാദവും കഫവും കൂടിയിരുന്നാൽ മോശം കിട്ടത്തില്ല പിത്തം കൂടി ഇരുന്നാൽ മോശം കിട്ടുന്നത് അത് നമുക്കൊരു തമാശ പോലെ തോന്നും പക്ഷെ അതിനൊക്കെ ചില കാര്യങ്ങൾ കണ്ടേക്കാം അപ്പൊ അത്തരം യോഗ്യതകളൊക്കെ ശാസ്ത്രജ്ഞർ പറയുന്നതിനുവേണ്ടി അവൻ ഈ സന്നദ്ധതയെ ഈ സാധ്യത അവനുള്ള ഈ സാധ്യതയെ അവൻ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടിട്ടാണ് അവന്റെ ബുദ്ധിയും മറ്റും ഉപയോഗിക്കേണ്ടത് ആ വിഷയത്തിൽ അവൻ മൂർഖനാണെങ്കിലും അവനൊരിക്കലും അവന്റെ ധാരണകളിൽ നിന്ന് സങ്കല്പങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതവിടെ നിഷ്പ്രയോജനമാണ് ശ്രവണം പ്രയോജനമൊന്നും ചെയ്തിരിക്കുന്നു ഒരു നിലയിലെത്തിന് സ്വയം അവൻ നിരപേക്ഷനായി തീരുന്നതിന് ബുദ്ധിയും മറ്റ് യോഗ്യതകളെയൊക്കെ ഉപയോഗിക്കാമെങ്കിൽ നല്ലത് അവിടെ ഊഹാഭോഗ വിശേഷണതയും മേധാവിത്വവും എല്ലാത്തിനും അവനെ സഹായിക്കുമെങ്കിൽ നല്ലത് അല്ലാതെ ബുദ്ധി അതുപോലെയുള്ള ഭൗതികമായ എന്തെങ്കിലും ഗുണങ്ങൾ ഇതൊന്നും തന്നെ ഈ ആത്മബോധത്തിന് നേരിട്ട് സഹായിക്കുന്നില്ല ഒന്നും ശമതമാദികൾ പോലും സഹായിക്കുന്നില്ല കാരണം നമ്മുടെ വൻഷത്തുകളിലും എല്ലാ പല ഭാഗങ്ങളിലും പറയുമ്പോൾ പറയുന്നുണ്ട് എന്താണ് അവരാരും പ്രത്യേക ബുദ്ധിവൈഭവമുള്ളവരോ ശാസ്ത്രപാണ്ഡിത്യമുള്ളവരോ അല്ലെങ്കിൽ എന്തിനു പലപ്പോഴും സദ്ഗുണങ്ങളില്ലാത്തവർ പോലും കാണുന്നു നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള സദ്ഗുണങ്ങളില്ലാത്തവരെ പോലും ജ്ഞാനികളായി കാണുന്നുണ്ട് അങ്ങനെ നമ്മുടെ പുരാണങ്ങളിലും ഇതിലുമെല്ലാം കാണുന്നു അപ്പോൾ ആ പരമാർത്ഥത്തിൽ ബാഹ്യമായി ഒന്നിനെയും ആശ്രയിക്കുന്നു മറിച്ച് ഈ പറയുന്ന സർവത്തെയും നിരാകരിക്കുന്നിടത്താണ് ജ്ഞാനം പ്രകടമാകുന്നത് അതുകൊണ്ട് ഈ ഉറക്കത്തിൽ നിന്നുണെന്ന് പറയുന്നത് ഉറക്കവും ഉണർവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരുവന്റെ ഉള്ളിൽ ജ്ഞാനം പ്രകാശിക്കുന്ന നമുക്ക് കൂടുതൽ വ്യക്തമാകും അതാണ് ഇവിടെ പറയുന്ന മുഖ്യം ഉത്തമം എന്നിവിടെ പറയുന്നത് ഇവിടെ പറയും ഇത് ഉത്തമമാണോ വേണ്ടി വന്ന മധ്യമോന്നും പറയാം ഉത്തമം എന്ന് പറയുമ്പോൾ എന്തോ അവൻ സർവധാരണകളെയും ഒഴിവാക്കി പറഞ്ഞുണ്ടോ മനസ്സിന് ഒരു തരത്തിലും മനസ്സിൽ ബന്ധനങ്ങളെ സൃഷ്ടിക്കാതെ അവൻ ശ്രവിക്കുന്നു ശ്രുതിക്ക് അവൻ ചൊവ്വ കൊടുക്കുന്നു അപ്പൊ അവനത് പ്രകാശിക്കുന്നു അതാണ് ഉത്തമ അധികാരി എന്നൊക്കെ പറയുന്നത് ഗൗത്തമ അധികാരി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബുദ്ധിയുള്ളവനാണ് കഴിവുള്ളവനാണ് അറിവുള്ളവനാണ് അതിനൊന്നും ഇവിടെ യാതൊരു സാങ്കത്യവും ഇല്ല മധ്യവനെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴ്ന്നവനാണ് അങ്ങനെ ഇവിടെ മധ്യവനെന്ന് പറഞ്ഞാൽ ഇത്ര അർത്ഥമുള്ള എന്താണ് ആ നിരപേക്ഷമായ അല്ലെങ്കിൽ ആ പറഞ്ഞല്ലോ സർവ്വധാരണകളെയും വിടുന്നതിനുള്ള അതിനൊരു ചെറിയ പരിശ്രമം ആവശ്യമായിട്ട് വരുന്നവനാണ് മധ്യമൻ എന്ന് പറയുന്നത് പലപ്പോഴും തങ്ങളുടെ പല സങ്കല്പങ്ങളെയും ഇടാൻ ബുദ്ധിമുട്ട് വരും ചെറിയ പരിശ്രമം ആവശ്യമായിട്ട് വന്നാൽ അവൻ മധ്യമനാണ് അത് കൂടുതൽ പരിശ്രമം ആവശ്യമായി വന്നാൽ അവൻ അധമനാണ് അവന് ശ്രവണം തന്നെ ആത്മപ്രകാശനത്തിനല്ല അതിലുള്ള യോഗ്യതയെ സമ്പാദിക്കുന്നതിന് അവന് സഹായിക്കും ആ നിരപേക്ഷമായ തലത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ശ്രവണ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അധമനായി ബുദ്ധിയുടെ താരതമ്യമോ മറ്റെന്തെങ്കിലും യോഗ്യതകളുടെ താരതമ്യമോ അല്ല ബാഹ്യമായിട്ടുള്ള ഒരു പരിശ്രമവും കൂടാതെ തത്വം പ്രകാശിച്ചാൽ അവന് ഉത്തമനായി പരിശ്രമത്തിന്റെ ഏറ്റക്കുറച്ചതിനനുസരിച്ച് മധ്യമനും അധമനുമായി പക്ഷെ മൂന്നിടത്തും മുഖ്യമായ അവലംബം എന്താണ് ശ്രവണം തന്നെ ഉഷ്ടമനായാലും മധ്യമനായാലും അധമനായാലും ശരി ഒരു അധികാരിയെ സംബന്ധിച്ച് ശ്രവണം കൂടിയേ ശ്രവണം കൂടാതെ സാധ്യമല്ല ഒരാൾ പറയുന്നത് ഞാൻ അധമനാണ് സ്വയം കരുതുക ആരും സ്വയം അധമനെന്ന് കരുതുന്നത് നല്ലതാണ് അത് തന്നെ അവന് തടസ്സമായി സൃഷ്ടിക്കും ധാരണ പക്ഷേ തത്വ ശ്രമിക്കുന്നു അതിനുള്ളിൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ താണോ അവിടെ തന്റേതായ പരിശ്രമങ്ങൾ വേണം ആ പരിശ്രമത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഒരു വന മാധ്യമനെന്നും മാധവനെന്നും പറയുന്നു അവൻ പരിശ്രമിക്കുന്നവണ് അവർക്ക് വേണ്ടിയാണ് ഇനി അടുത്ത് പറയുന്നതെന്ന് പറയും കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ട് വരുന്നത് എന്തുകൊണ്ട് അവന്റെ ശാസ്ത്രീയമായിട്ടാണ് വിപരീത ഭാവനകളും മറ്റും ദൃഢമായിരിക്കുന്നു ആഗ്രഹണം ദൃഢമായിരിക്കുന്നു അവിടെ അവനൊന്ന് പരിശ്രമം വേണ്ടി വരുന്നു അതെല്ലാം ദുർബലമായിരിക്കുമ്പോൾ അവനധികം പരിശ്രമത്തിന്റെ ആവശ്യമില്ല എങ്കിൽ അവൻ മധ്യവനായി തത്വ ശ്രവണത്തിൽ തന്നെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉത്തമനാണ് അവനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് യഥാ പ്രതിബുദ്ധ്യത അവനുടനെ ഉണരുന്നു എന്ന് പറയും അടുത്ത് ഇനി അതിന് കഴിയാത്തതിന് വേണ്ടി എങ്ങനെയെല്ലാം പരിശ്രമിക്കാം അതെല്ലാം പറയുന്നു അതിൽ തന്നെ വ്യത്യാസം ആ പരിശ്രമം അവനുള്ള വഴി കൂടെ തന്നെ പറയുന്നുണ്ട് എങ്ങനെ പരിശ്രമിക്കണം ധ്യാന സമാധികളെ കുറിച്ചൊക്കെയാണ് ഇനി ചർച്ച ചെയ്യുന്നത് അടുത്ത ഭാഗങ്ങൾ അതിനും പരിശ്രമിക്കാൻ കഴിയാത്തവനും എന്ന മറ്റ് മറ്റ് തരത്തിലുള്ള അഭ്യാസങ്ങളെക്കുറിച്ച് മറ്റ് ശാസ്ത്രങ്ങളിൽ പറയുന്നു യോഗ മന്ത്രതന്ത്രങ്ങളെല്ലാം പലതരത്തിലുള്ള ഉപാസനകളുണ്ട് എല്ലാം അത് ശ്രുതി തന്നെ പറയുന്നു അതിനെ ആശ്രയിച്ച നിരവധി ശാസ്ത്രങ്ങളുണ്ട് ആധ്യാത്മികമായ മാർഗത്തിൽ ആരെവിടെ നിന്നാലും മുന്നോട്ട് പോകുന്നതിനുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട് എല്ലാവരും ഇവിടെ ശ്രുതി ശ്രവിക്കുന്നു എല്ലാവരും ഉടനെ തന്നെ അവരുടെ ഉള്ളിൽ ജ്ഞാനം പ്രകാശിച്ച് മുക്തരായിത്തീരുന്നു എന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം അവനവന്റെ യോഗ്യതയനുസരിച്ച് സംഭവിക്കത്തുള്ളു പക്ഷെ എല്ലാവർക്കും വേണ്ടിയാണ് ശ്രുതി ശ്രുതി ശ്രവണം ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചില്ലെങ്കിലും അതിനുള്ള യോഗ്യത അവനുണ്ടാകും അതുകൊണ്ടാണ് ആചാര്യന്മാരെല്ലാം ഈ ശ്രവണത്തിന് പ്രാധാന്യം എപ്പോഴും തത്വം ശ്രവിക്കണം ഒരുവൻ മൂർഖനാണെന്നറിഞ്ഞാലും ശരി അവനേതിനുള്ള യോഗ്യതയില്ലെന്നറിഞ്ഞാലും ശരി അവനോട് ശ്രോതവ്യ മന്ദവ്യാസ്യ എന്നാണ് ശ്രുതി പറയുന്നത് നീ ശ്രവിക്കണം ശ്രവിക്കണം എന്നാണ് ശ്രുതി പറയുന്നത് ശ്രവിച്ചാൽ അവനത് ബോധ്യപ്പെടത്തില്ല എന്നറിയാം അതുകൊണ്ടാണോ മന്ദവ്യ നിതിഥാസവ്യാന്ന് തുടർച്ചയായിട്ട് പറയുന്നത് പക്ഷെ അതും ചെവിക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയും പറയാറില്ല എല്ലാവരും ശ്രവണം ചെയ്യണം സസ്യങ്ങൾ ശ്രമിക്കണം ശ്രമിച്ചാലും രക്ഷപ്പെടില്ലെന്ന് തേച്ചും ബോധ്യമുണ്ട് എന്നാലും പറയുകയാണ് പറഞ്ഞ പക്ഷെ അത് അനുസരിക്കുകയെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ എന്നോട് പറഞ്ഞു ആരും അനുസരിക്കാറില്ല ഞാൻ പറയാറുണ്ട് അനുസരിക്കുകയല്ലെന്ന് അറിഞ്ഞ അറിഞ്ഞാലും പറയുന്നു പറഞ്ഞാൽ കേൾക്കത്തില്ല തലതിരിഞ്ഞവനാണെന്ന് ബോധ്യമുണ്ടെങ്കിലും പറയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ മനസ്സിവെച്ചുകൊണ്ടാണ് പുരുജന്മത്തിലല്ലെങ്കിലും വരും ജന്മങ്ങളിലെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എന്നോട് പറഞ്ഞതാണ് പറഞ്ഞാലും കേൾക്കത്തില്ല എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുകയല്ലാതെ എന്തു ചെയ്യാൻ പറ്റും പറയാതിരിക്കുകയല്ലാതെ ഒന്നും ജീവൻ നിവർത്തിയിരുന്നില്ല അപ്പോൾ അതിനത്രമാത്രം പ്രാധാന്യവും ശ്രവിക്കുന്ന പക്ഷെ ഇവൻ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് ഞാൻ ശ്രവിക്കത്തില്ല രണ്ടു കൈയും കൊണ്ട് ചെവി പൊത്തിയിരിക്കണം ഞാനിതിന് തയ്യാറല്ല അപ്പോ ഗുരു വാശിയാണ് അവനെ കൊണ്ട് ചെറിപ്പിച്ച തീരും എന്തുവന്ന ശിഷ്യന് വാശിയാണ് ഞാൻ അനുസരിക്കത്തില്ല ഈ മത്സരമാണ് നടക്കുന്നത് എന്നാൽ എന്നെ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നു നോക്കട്ടെ ഈ നിലപാടിലാണ് ശിശി എന്ന് ഇരിക്കുന്നത് ഗുരു അങ്ങനെയല്ല ഇവരെങ്ങനെയും രക്ഷപ്പെടുത്തി തീരും താരാ വിജയിക്കുന്നതെന്ന് കണ്ടറിയാൻ ചേർന്നു പല ജന്മങ്ങൾ വേണ്ടി വന്നേക്കും അത് തന്നെ മനുഷ്യനായി തന്നെ ആയിരിക്കണം നിർബന്ധം ഒന്നും ഈ അനുസരണക്കേറിന്റെ ശിക്ഷ മനുഷ്യജന്മത്തിൽ തന്നെ അനുഭവിച്ച് തീരാക്കത്തില്ല രണ്ടു കാലയുടെ ജന്മത്തിൽ മാത്രം അത് അനുഭവിച്ചാൽ തീരത്തില്ല അത് പറഞ്ഞാലും അവന് മനസ്സിലാകത്തില്ല ഈ രണ്ടു കാലയുടെ ജന്മവും നാലുകാലുടെ ജന്മവും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുമെങ്കിൽ അവനിങ്ങനെ കേൾക്കാതിരിക്കും അനുസരിക്കാതിരിക്കും വ്യത്യാസം പോലും മനസ്സിലാകാത്തോണ്ടടുത്ത് അത് നമ്മുടെ പുരാണങ്ങളിൽ പറയും എന്താണ് ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ അവനെന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂ രണ്ടുകാലുടെ ജന്മത്തിൽ നാലുകാലുള്ള ജന്മത്തിൽ ഇതൊക്കെ അനുഭവിക്കാനേ പറ്റും അനവിടെയൊന്നും പ്രത്യേകിച്ച് പരിശ്രമിക്കാൻ ഒക്കെ ആധ്യാത്മിക സാധനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ആ ജന്മത്തിനും ചിലപ്പോൾ എന്തെങ്കിലും അവന്റെ ബുദ്ധിയിൽ പ്രകാശിക്കും എന്റെ തലയിൽ അപ്പൊ ഈ പറയുന്ന ഉപദേശങ്ങളൊക്കെ ഇപ്പൊ ഫലവത്തായി വന്നില്ലെങ്കിലും നാലു കാലുള്ള ജന്മത്തിൽ ചിലപ്പോൾ അവന്റെ തലയിൽ പ്രകാശിച്ചു കഴിഞ്ഞാലുള്ള സ്ഥിതി ഒന്നറിയിച്ച് നോക്കിയാൽ അവിടെ ആയിരിക്കും ചിലപ്പോൾ ഇന്ന് പ്രകാശിക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്ന് ചെയ്യാനും പറ്റത്തില്ല പ്രാർത്ഥിക്കാനോ ജീവിക്കാനോ ഒന്നും കഴിയത്തില്ല പക്ഷെ ഇവന്റെ തലയിൽ ഒരു വെളിച്ചമിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും നാലു കാലം നടക്കേണ്ടിയും വരും ഇതൊക്കെ ആയിരിക്കും ഭാവി സംഭവിക്കാൻ പോകും അനുസരണയില്ലാത്തവൻ പക്ഷെ ഇത് സംഭവിക്കും സംഭവിച്ചേ തീരൂ അല്ലെങ്കിൽ പിന്നെ ഗുരുവും വിശ്വാസവും എല്ലാം വരത്തമാണെന്ന് പറയേണ്ടി വരും അതൊക്കെ വെച്ച് അസംബന്ധമാണെന്ന് പറയേണ്ടി വരും അപ്പൊ അങ്ങനെയാണ് ഒന്നുകിൽ അവന് പ്രകാശത്തെ കൊടുക്കും അല്ലെങ്കിൽ അവന് അതിനുള്ള അവനറിയാതെ തന്നെ അവനോട് ഇതിന്റെ പരിവർത്തനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും അവനറിയണമെന്നില്ല പലരും പറയും എന്താണ് ഞാനിതൊക്കെ കേട്ടിട്ടും എനിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ ഞാൻ നന്നാവുന്നില്ലല്ലോ എന്ന് പലരും പറയും നന്നാവുന്നത് ഗുരുവൻ സ്വയം അറിയണമെന്നില്ല ഗുരുവന്റെ അന്തരംഗത്തിന്റെ ശുദ്ധി അവന് സ്വയം വെളിപ്പെടണമെന്നില്ലേക്കു അങ്ങനെ സംഭവിക്കുന്നു എന്ന് കുറഞ്ഞപക്ഷം വിശ്വസിക്കുകയെങ്കിലും ചെയ്യണം അതിന് ശാസ്ത്രം പ്രമാണമാണ് അതുകൊണ്ടാണ് മധ്യമാധികാരികളെക്കുറിച്ചും അധമാധികാരികളെ കുറിച്ചും തന്നെ ഇവിടെ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് പരമമായ തത്വത്തെ വെളിപ്പെടുത്തുന്നിടത്ത് തന്നെ മറ്റഭ്യാസങ്ങളെക്കുറിച്ചും ഉപായങ്ങളെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാർക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തത്വശ്രവണ ഒരിക്കലും വ്യർത്ഥമാണെന്നാരും ധരിക്കുന്നു തത്വ ശ്രവിക്കുന്നു തത്വം എന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നില്ല അതുകൊണ്ട് ഇത് അർത്ഥമാണെന്നും ധരിക്കരുത് അതിന് മറ്റു പ്രയോജനങ്ങളുണ്ടാവും ഇവിടെ ആ പരമാർത്ഥത്തെ പറയും യഥാ തഥാ യുവതിബുദ്ധ്യത അവൻ ആ സമയത്ത് അത് പ്രകാശിക്കുന്നു ശ്രവണത്തിൽ തന്നെ അവന്റെ ഉള്ളിൽ തെളിയുന്നു ഏതുപോലെ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് പോലെ ഉണർവില് നിന്നും അവൻ കഥം നാസ്മിൻ ഭാഷ്യം ആഭ്യന്തരം വ ജന്മാതിഭാവ വികാരോ അത്യതോ അജം സ്വഭാഷ്യാഭ്യന്തരോ ഹ്യജയ് നിശ്രുതേ ഹെ ശ്രുതി തന്നെ പറയുന്നുള്ളവന്റെ പരമാർത്ഥ സ്വരൂപത്ത് ആ ബോധം എങ്ങനെയാണ് അവൻ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ബോധങ്ങളെയും നിരാകരിക്കുന്നതാണ് അതാണ് പറയുന്നത് എന്നുള്ള ബോധം എങ്ങനെയാണ് ജനിച്ചവനാണ് ജീവിക്കുന്നവനാണ് മരിക്കുന്നവനാണ് അവന്റെ ആ ധാരണകളെല്ലാം അവൻ അവനും സ്വയം തിരുത്തപ്പെടുന്നു ബാഹ്യം ആഭ്യന്തരം ജന്മാതി ഭാവ വികാരമില്ല കാരണമില്ല ജന്മാതി വികാരങ്ങളൊന്നുമില്ല അതുകൊണ്ടവൻ അജനാണ് തന്റെ സ്വരൂപം ബാഹ്യം ആഭ്യന്തരം ഇല്ലാത്ത അജനാണ് കാര്യകാരണങ്ങളില്ലാത്തവനാണ് ില്ല ജാഗ്രതാണ് നിദ്രയിൽ നിന്ന് ഉണരുമ്പോ അവനു നിദ്രയുമുണ്ട് ജാഗ്രതാൽ നിന്ന് ഉണരുമ്പോ അവനൊരു നിദ്രയുമില്ല ജാഗ്രത ശ്രുതിയും പറയുന്നുണ്ട് സർവഭാവ വികാരവർജിതം ഭാവവസ്തുക്കളിൽ കാണുന്ന വികാരങ്ങളൊന്നും അവനില്ല ജന്മം തുടങ്ങി മരണം വരെയുള്ള വികാരങ്ങൾ സംഭവിക്കുന്നില്ല ജന്മാതി കാരണഭൂതം നാസ്മിൻ അവിദ്യ തമോ ബീജം അനിദ്ര അനിദ്രനാണ് ജന്മാദികൾക്ക് കാരണമായിരിക്കുന്ന എന്ന് പറയുമ്പോൾ ജാഗ്രത സ്വപ്നത്തിനും എല്ലാം കാരണമായിരിക്കുന്നു ആ ജാഗ്രതത്തിലാണ് നമ്മൾ ജന്മാദികളെ കുറിച്ചെല്ലാം സങ്കല്പിക്കുന്നത് പ്രധാനമായിട്ടും ഇതിനെല്ലാം കാരണമായിരിക്കുന്ന എന്താണ് അവിദ്യാതമോ ബീജമാണ് നിദ്ര സുഷുത്തി മാത്രമല്ല ഉറങ്ങുന്നതിനും ഉറങ്ങുന്നതിനും കാരണമായിരിക്കുന്നത് ജാഗ്രതയിലിരുന്ന ജന്മാദികളെ കുറിച്ചെല്ലാം ചിന്തിക്കുന്നതിനും കാരണമായിരിക്കുന്നത് അതാണ് നിദ്ര നിദ്ര എന്ന് പറയുന്നത് ഇവിടെ ഉറക്കം എന്നുള്ള അർത്ഥത്തിലല്ല ഉറക്കത്തിലെ വിരുളിനെ കുറിച്ച് ഇവിടെ പറയുന്നു ജാഗ്രത്തിന്റെ ഇരലിനെ കുറിച്ച് പറയുന്നു ജാഗ്രത അഭിവേകത്തെ കുറിച്ച് പറയുന്നു അതില്ലാത്തതാണോ നിന്റെ സ്വരൂപം എന്ന് ബോധിക്കുന്നു എന്നാണ് ഉറക്കത്തെ സംബന്ധിച്ച് ചോദിക്കും എന്താണോ ഈ ഉറക്കം എങ്ങനെയായിരുന്നു അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ആത്മാവ് ആത്മാവ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അജ്ഞാനം അതുണ്ടായിരുന്നു അതില്ലായിരുന്നതിനെ കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ട് വേദാന്തികളെ തർക്കിക്കും െന്ന് പറ ഇല്ലെന്ന് പറയും ഇത്തരമൊരു തർക്കമുള്ളുണ്ട് ആ തർക്കങ്ങളെല്ലാം പാടെ നിഷേധിച്ചുകൊണ്ട് പറയണെന്താണോ ആ നിദ്രേ ഇല്ല ഇവിടെ നിദ്ര അംഗീകരിച്ചിട്ട് വേണമല്ലോ അവിടെ പിന്നെ അജ്ഞാനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തർക്കിക്കേണ്ടത് നിദ്രയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആദ്യം നമ്മൾ നിദ്ര അംഗീകരിക്കണം അങ്ങനെ ഒന്നുണ്ട് രണ്ടാമത് പിന്നെ ചിന്തിക്കണം എന്താണ് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു ആത്മാവുണ്ടോ അനാത്മാവുണ്ടോ ഇടപെറ ഇന്ന് വന്ന നിദ്രയേ പിന്നെ അതിനെക്കുറിച്ച് തർക്കം കൊണ്ടും ആവശ്യമില്ല അനിദ്രമാണ് എന്ന് പറഞ്ഞെന്താണ് ജാഗ്രതത്തിനും സ്വപ്നത്തിനും എല്ലാം അനുവർത്തിക്കുന്ന നിദ്ര ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ ആ നിദ്രയിൽ നിന്ന് പൂർണമായും രക്ഷപ്പെടുന്നില്ല ഉണരുവിനും നിദ്ര നമ്മോടൊപ്പം നിൽക്കുകയാണ് അതാണ് ആത്മാവിനെ മറച്ചുകൊണ്ട് നിൽക്കുന്നത് അതിനും നിഷേധിക്കുന്നു ആത്മാവ് മാത്രം പ്രകാശിക്കുന്നു വിത്യനിദ്രം അതവന് ബോധ്യപ്പെടുന്നു ഇതാണ് അവൻ അജമമായും അനിദ്രമായും ബോധ്യപ്പെടുന്നു എന്ന് പറയുന്നു തന്നെ ബോധ്യപ്പെടുത്തുന്നു അനിദ്രം ഹിതത്വരീയം അതേവ അസ്വപ്നം അത് അതുകൊണ്ട് തന്നെ അത് അസ്വപ്നവുമാണ് ജാഗ്രത സ്വപ്ന എല്ലാം തന്നെ നിഷേധിക്കുകയാണ് തന്നിമിത്തത് അന്യഥാഗ്രഹണ ഈ ഈ പലതും കാണുന്നത് അതിന് കാരണം എന്താണ് തന്നെ കാണാതിരിക്കുന്ന തന്നെ കാണാതിരിക്കുന്നത് അഗ്രഹണം പലതിനേയും കാണുന്നത് അന്യഥാഗ്രഹം തന്നെ കാണാതിരിക്കുന്നുണ്ട് പലതിനേയും കാണുന്നു യസ്മാനിദ്രം അസ്വനം തസ്മാജം അദ്വൈതം തുര്യം ആത്മാനം ബുദ്ധിദേവ് തഥാ ആ പരമാർത്ഥബോധം എങ്ങനെയാണെന്ന് പറയുന്നു ിദ്ദ്രവും അസ്വപ്നവും അജവും അതുകൊണ്ട് തന്നെ അദ്വൈതവുമാണ് ജാഗ്രത സ്വപ്ന സുശക്തികളെല്ലാം ഉള്ളപ്പോ അദ്വൈതം അതില്ലെങ്കിൽ അത് അദ്വൈതം അങ്ങനെ പറയുന്നു ജാഗ്രത സ്വപ്ന സുശക്തികളെല്ലാം ഇവിടെ നിഷേധിക്കുന്നുണ്ട് അത് തുരിയാണ് അങ്ങനെ തഥാ ആത്മാനം ബുദ്ധിതയെ തന്നെ ബോധ്യപ്പെടുന്നു അങ്ങനെ തനിക്ക് താൻ വെളിപ്പെടുന്നു ഇവിടെ തനിക്ക് താൻ തന്നെ വെളിപ്പെടുകയാണ് ഉണർവിലെന്താണ് തനിക്ക് പലതും വെളിപ്പെടുന്നു അത് തന്നെ തന്നെ താൻ പലതായി വെളിപ്പെടുത്തുന്നു എന്ന് പറയും ഇവിടെയാണെങ്കിലോ ശ്രവണം കൊണ്ട് ശ്രുതിയുടെ ആ പ്രബോധനം കൊണ്ട് തനിക്ക് താൻ തന്നെ വെളിപ്പെടുന്നു അതിനെയാണ് ഇവിടെ തുര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം നിഷേധിച്ചിട്ട് വെളിപ്പെടുന്നത് ാണ് യഥ എന്നിവിടെ പറ അനാദിമായയാ അജം അനിദ്രമസ്വപനം അദ്വൈതം ബുദ്ധ്യത്തെ തപഞ്ചോ എതി വിദ്യേത സംശയാത്രപഞ്ച നിവൃത്തിയാ ചെയ്ത് പ്രതിബുദ്ധ്യത അനിവൃത്തിയെ പ്രപഞ്ചേ കഥം അദ്വൈതമിരി പ്രപഞ്ച നിവൃത്തിയെ കുറിച്ചാണ് നമ്മുടെ സങ്കല്പങ്ങളല്ല നമ്മള് ആഗ്രഹിക്കുന്നതാണ് എന്താണ് ഈ പ്രപഞ്ചം നമ്മളെ ഒരുപാട് ശല്യപ്പെടുത്തുന്നു പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അനുഭവങ്ങൾ നമുക്ക് സുഖവും ദുഃഖവും എല്ലാം മാറി മാറി തന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ ഇതിനാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് ഇതില്ലാതെ പ്രപഞ്ച നിവൃത്തി ആ നിവൃത്തി കൊണ്ടാണ് ബോധം അല്ലെങ്കിൽ ബോധത്തിലൂടെ പ്രപഞ്ച നിവൃത്തി സംഭവിക്കണം ആത്മബോധം കൊണ്ട് സംഭവിക്കണം അങ്ങനെയാണ് നമ്മളെ ധാരണയാണെങ്കിൽ പ്രപഞ്ച നിവൃത്തി കൂടാതെ ഈ പറയുന്ന അദ്വൈതമൊന്നും സംഭവിക്കത്തില്ല എന്ന് ശങ്കിക്കാം അതിന് ഇവിടെ സമാധാനം പറയുകയാണ് ഉച്ചമേവം അപ്പൊ പ്രപഞ്ച നിവൃത്തിയെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണുന്നവരോട് പറയുകയാണ് ഇതില്ലാതാകണം ഇത് മറയണം പറയുന്നത് ഉണ്ടായിട്ട് വേണ്ടേ മറയാണം ഇതില്ലാതാകണമെങ്കിൽ എന്ത് വേണം അത് ഉണ്ടായിരിക്കണം അത് ഉള്ളതല്ല ഇത് മറയുന്നത് ഉള്ളതാണെങ്കിലേ മറയാൻ പറ്റും നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ നമ്മൾ അനുഭവിക്കുന്ന പല വസ്തുക്കളും മറഞ്ഞുപോകും നശിച്ചുപോകും നമ്മുടെ കാഴ്ചക്ക് വിഷയമല്ലാതായി ചെയ്തു ഇതിങ്ങനെ പ്രപഞ്ചത്തിൽ നമ്മുടെ അനുഭവത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് നമ്മൾ കരുതുകയാണ് ഈ പ്രപഞ്ചവും ഇതുപോലെ മറഞ്ഞു ഇത് ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് ഉള്ളതാണെങ്കിലും മറിയത്തുള്ളൂ ഇതുള്ളതല്ല രജ്വാർപ്പിധ കല്പിതവിദ്യ ഇതിന്റെ നിലയെന്ന് പറയുന്നത് എന്താണ് രജ്ജുവിന് നമ്മൾ സർപ്പത്തെ കൽപ്പിച്ചതുപോലെയാണ് ഇതിന്റെ നില അതുകൊണ്ട് ഇതിന് നിലനിൽപ്പില്ല കല്പന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ സങ്കല്പങ്ങൾ വരുന്നോ അതിനെ അടുത്ത് നിഷേധിക്കും കല്പനയെന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന സങ്കല്പങ്ങളുണ്ട് അതും നിഷേധിക്കും എന്താണ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞാലേ പറ്റും അതുകൊണ്ട് എന്താണ് ഇത് കല്പിതമാണെന്ന് ആദ്യം പറയും കല്പിതമെന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഇത് ഉള്ളതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ ഇത് പരമാർത്ഥമല്ലാന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് മറക്കുധരിക്കുകയും ചെയ്തെന്താണ് ഇത് ഞാൻ കൽപ്പിച്ചതാണ് എന്നും ധരിക്കരുത് എന്റെ കൽപ്പനയ്ക്കനുസരിച്ചാണ് പ്രപഞ്ചമൊന്നും ധരിക്കരുത് ഞാൻ എന്ന് പറയുന്ന ആര് ഈ ഞാൻ എന്ന് പറയുന്ന എന്റെ അഹന്തയാണ് ഈ അഹന്തയ്ക്ക് ഈ ലോകത്തെ കൽപ്പിക്കാനൊന്നും പറ്റത്തില്ല അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്റെ കൽപ്പനയാണ് എന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞ് ഇത് അഹന്തയുടെ കൽപ്പനയായിട്ടാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ഒരിക്കലും ഇനി അടുത്ത് പറയും മുമ്പോട്ട് വരുന്ന വിഭാഗങ്ങൾ പറയും എന്താണോ ആ അവൻ അഹന്തയെ കൽപ്പിച്ചു തുടങ്ങി ലോകത്തെ കൽപ്പിച്ചു എന്ന് പറയും അതുകൊണ്ട് തന്നെ എന്താണ് അഹന്തയ്ക്ക് അന്ത ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ഇവിടെ ഒരേ നിലയാണ് പാരമാർത്ഥികമായ നിലയല്ല എന്നാൽ ഇത് അനുഭവനിലയാണ് അനുഭവപ്പെടുന്നുണ്ട് അനുഭവപ്പെടുന്നു എന്നാൽ പരമാർത്ഥമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൽപ്പിച്ചു കൽപ്പിച്ചു എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സത് കൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഇത് പരമാർത്ഥമല്ല അതാണ് വിദ്യ ഇത് നിലനിൽക്കുന്നില്ല വിദ്യ നിവർത്തേതെന്ന സംശയം ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനൊരു നിലനിൽപ്പുണ്ടെങ്കിൽ ഇതില്ലാതായത് ഇതിന് നിലനിൽപ്പേ ഇല്ലാതുകൊണ്ട് ഇതില്ലാതാകുന്നില്ല എന്നുള്ളത് ഇതെന്താണോ പറയും ഇത് അവസാനിക്കാത്ത ഒരു സ്വപ്നം പോലും സ്വപ്നം നമ്മൾ സത്യമല്ലാന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നു അത് അവസാനിച്ചു പോകുന്നോണ്ടാണ് ഇതാണെങ്കിലോ മരണം വരെ ഇത് അവസാനിക്കുന്നില്ല അതുകൊണ്ട് ഇതിനെ നമുക്ക് സ്വപ്നം പോലെ ധരിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്റെ നില അനുഭവം നല്ല സ്വപ്നം പോലെ തന്നെ സ്വപ്നത്തെ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് ബോധിക്കുന്നത് പോലെ ഇതിനെയും ബോധിക്കുന്നു ഇത് പരമാർത്ഥമല്ല എന്ന സംശയ അടുത്ത് പറയുന്നു ഉണ്ടായിരുന്നതാണെങ്കിലും ഇവിടെ ചെയ്യാം അപ്പൊ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു സംഗത്വം വെക്കണ്ടേ എന്താണോ ഇതെല്ലാം മാഞ്ഞു പോകണം മറഞ്ഞു പോകണം ആ മറിഞ്ഞു പോകുന്നതാണ് പരമാർത്ഥം അങ്ങനെ സങ്കല്പിക്കുന്നത് ഇതിനും മറയുന്നതിനുള്ള ശേഷി പോലും ഇതിനില്ല അതാണ് ഇവിടെ പറയുന്നത് ഹി രജുവാഭ്രാന്തി ബുദ്ധിയാ കൽപ്പിതസർപ്പ് വിദ്യമാനസൻ വിവേകതോ എന്ന് വൃത്തം നമ്മൾ ഒരു ഭ്രാന്തി ഉണ്ടാകുമ്പോൾ രജ്ജു സർപ്പം പോലുള്ള ഭ്രാന്തികൾ പരമാർത്ഥത്തിൽ നിന്നിട്ടില്ലാതാവുകയല്ല നുഭവത്തിൽ നിൽക്കുന്നു ഒരു ക്ഷണമാണെങ്കിലും പിന്നീട് അനുഭവത്തിൽ അതില്ലാതെ വരും അതിന് വാസ്തവത്തിലുള്ള ഒരു നിലനിൽപ്പ് ഒരിക്കലും സംഭവിക്കുന്നില്ല നിങ്ങൾ കാണുന്ന സമയത്തോ അതിന് മുമ്പോ അതിനുശേഷമോ അതിന് വാസ്തവം നിലനിൽക്കില്ല കാണുന്ന സമയത്തോ അതിന് മുമ്പും പിമ്പും അല്ലാതെ അതിന്റെ അനുഭവം എങ്ങനെ നിലനിൽക്കുന്നു എന്നേ പറയുന്നതിന്റെ താൽപ്പര്യം എന്താണ് ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും പരമാർത്ഥ ബുദ്ധി വരാൻ പാടില്ല പ്രപഞ്ചം അങ്ങനെ നിലനിന്നോട്ടെ പ്രപഞ്ചത്തിന്റെ അനുഭവം അത് തുടരട്ടെ അതൊന്നും ഒരിക്കലും ദോഷമുള്ള കാര്യങ്ങളാണ് പ്രപഞ്ചം മറയണം എന്നിവിടെ നിർബന്ധമൊന്നുമില്ല പ്രപഞ്ചം മറഞ്ഞതുകൊണ്ട് വിശേഷത ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം ഉറക്കത്തിൽ മറഞ്ഞത് നമ്മളിപ്പോഴത്തേക്ക് മാറ്റം ഒന്നും സംഭവിച്ചതും പ്രപഞ്ചത്തിന്റെ ഈ നിലനിൽപ്പ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മറയല്ല അതിവിടെ ഒരു വിഷയമേ അല്ല എന്ന് ഉള്ളതാണെങ്കിൽ ശരി നമുക്ക് മറയുമെന്ന് നമുക്ക് സങ്കല്പിക്കാം ഇല്ലാത്തതിനെ മറയൂ എന്നങ്ങനെ സങ്കല്പിക്കും പരമാർത്ഥമല്ലാത്തത് അപ്പൊ നൈവ മായ മായാവിന പ്രയുക്ത തദ്ദർശനം ചക്ഷുർബന്ധ അവഗമേ വിദ്യമാനാസതി കൺകെട്ടുകാരൻ അവന്റെ കൺകെട്ട് വിദ്യകൊണ്ട് പലതും കാണിച്ചു കാണുന്നവന്റെ കാഴ്ചയിൽ എന്താ വ്യത്യാസം വന്നു എന്നുള്ളതേ ഉള്ളു അല്ലെ പ്രത്യേകിച്ച് അവൻ കാണിച്ച കാഴ്ചകളൊന്നുകൂടെ വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവന് കൺകെട്ടെന്ന് ഒഴുകിയത് ഇന്ദ്രജാലം പോലെ താൻ കണ്ടു എന്ന് പറയുന്ന പരമാർത്ഥമാണ് ഒരുപാട് കാര്യങ്ങൾ കണ്ടു പക്ഷെ തന്റെ അനുഭവം അതിനും നിഷേധിക്കില്ല അതുകൊണ്ടാണ് അതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നത് പക്ഷെ അതിൽ പരമാർത്ഥതയില്ല കണ്ടു എന്ന് മാത്രം അത്രയേ ഉള്ളൂ അതുപോലെയാണ് പ്രപഞ്ചത്തിന്റെ സ്ഥിതി പരമാർത്ഥം അല്ലാത്തതുകൊണ്ട് തന്നെ എന്താണോ ആത്മാവിന്റെ സ്വരൂപത്തെ ഇതിനെ ബാധിക്കുന്നതിന് ശേഷിയില്ല ആത്മാവിനൊരിക്കലും ബന്ധനത്തിലാക്കുന്നതിന് പ്രപഞ്ചത്തിന് ശക്തിയില്ല പിന്നെ ഇതെന്തിനും നിവർത്തിക്കണം ഇല്ലാതാവണം എന്തിനും മറഞ്ഞു പോകണം തഥാ ഇതം പ്രപഞ്ചാഖ്യം മായാമാത്രം ദ്വൈതം ഒരജീവ മായാ വിവച്ച അദ്വൈതം പരമാർത്ഥത തസ്മാക പ്രവൃത്തോ നിവൃത്തോവാസീത്യഭിപ്രായം അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി ഇതിവിടെ ഒരു വിഷയമേ അല്ല പ്രപഞ്ചത്തിന്റെ ഉത്പത്തി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നാശം സൃഷ്ടി അല്ലെങ്കിൽ പ്രളയം ഇതെ ചിന്തയ്ക്ക് വിഷയമേ അല്ല ഉദാഹരണം പറഞ്ഞാണ് എന്താണ് മായാ മാത്രം രജ്ജു അവിടെ സത്യമായിരിക്കുന്നു മായാവി സത്യമായിരിക്കുന്നു ആപേക്ഷികമായി അവിടെ സർപ്പത്തിന്റെയും മായയുടെയും സ്ഥാനത്താണ് പ്രപഞ്ചം പരമാർത്ഥത്തിന്റെ സ്ഥാനത്തല്ല അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ിലയത്തെക്കുറിച്ചോ നിവൃത്തിയെക്കുറിച്ചോ ഇതിന്റെ മറിഞ്ഞു പോകുന്നതിനെ കുറിച്ചോ ഒന്നും യാതൊരു ധാരണയും വേണ്ട അജവും നേരത്തെ പറഞ്ഞല്ലോ അജം അനിദ്രം അസ്വപ്നം അദ്വൈതം എല്ലാമായിരിക്കുന്ന ഈ ആത്മാവിനെ ബന്ധിക്കുന്നതിനു ശേഷിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ അവിടെ ബന്ധനമില്ല പ്രപഞ്ചം കാണുന്നു കാണാതിരിക്കുന്നോ എന്നുള്ളതിനോട് യാതൊരു പ്രാധാന്യമില്ല അത് കൊണർന്നിരുന്ന് പ്രപഞ്ചത്തെ കാണാം അല്ലെങ്കിൽ സമാധി പരിശീലിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ ഇല്ലാതാക്കാം ഉറങ്ങിയിട്ട് പ്രപഞ്ചത്തെ വിസ്മരിക്കാം എന്താ അഭ്യാസങ്ങളാണോ ചെയ്യാം ഒരു അഭ്യാസം ചെയ്യാതെ ഇരിക്കും അതിനൊന്നിവിടെ പ്രത്യേകിച്ച് യാതൊരു പ്രസക്തി നമ്മള് പറയുന്നു പ്രവൃത്തോ നിവൃത്തോ ഇത് രണ്ടിനും താൽപ്പര്യം പ്രപഞ്ചത്തിന്റെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ നിവൃത്തിയിലോ അത് പ്രപഞ്ചം ഉപദ്രവമാണല്ലോ പ്രപഞ്ചം പ്രാപഞ്ചിക കാര്യങ്ങളിൽ എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെയാണല്ലോ പ്രാപഞ്ചികമായ കാര്യങ്ങൾ പ്രാപഞ്ചികമായ വ്യവഹാരങ്ങളിൽ ഇടപെട്ടിരിക്കുമ്പോൾ മനസ്സ് വിക്ഷിപ്തമാകുന്നു ജീവിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ധ്യാനിക്കാൻ പറ്റുന്നില്ല ആഗ്രഹിക്കുന്നതുപോലെ ഒരു ആധ്യാത്മിക സാധനം ചെയ്യാൻ പറ്റുന്നില്ല ചിത്തപിക്ഷേം അനാവശ്യമായ പല ചിന്തകളും കടന്നു വരുന്നു മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചത്തെ നിരോധിക്കുക സർവവ്യവഹാരങ്ങളെയും ഉപേക്ഷിക്കുക ഏകാന്തതയിൽ ധരിക്കുക ധ്യാനിക്കുക സമാധി പ്രവേശിക്കുക ഇതാണ് സാധാരണ മനുഷ്യനാഗ്രഹിക്കുന്ന ആധ്യാത്മികമായി താൽപ്പര്യമുള്ളവർ ആഗ്രഹിക്കുന്നില്ല അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയാറുമില്ല അത് വാസ്തവം അതെന്റെ മറുവശം പക്ഷെ മനുഷ്യന്റെ ആഗ്രഹം ഇതാണ് ഇത് ഈ ആഗ്രഹം തെറ്റെന്നല്ല പറയുന്നത് ഈ ആഗ്രഹത്തിന് ഒരുപാട് പ്രേരിപ്പിക്കുന്ന എന്താണ് അടിസ്ഥാനപരമായി ഈ പ്രപഞ്ചം വാസ്തവമാണ് ഈ പ്രപഞ്ചം സത്യമാണെന്നുള്ള ബോധമാണ് ഈ പ്രപഞ്ചം ആത്മാവിനെ ബാധിക്കുന്നു എന്നുള്ള അനുഭവമാണ് ഇവിടെ ആ ഒരു ധാരണയാണ് നിരാകരിക്കുന്നത് നിഷേധിക്കുന്നത് പ്രപഞ്ചം ആത്മാവിനെ ബാധിക്കുന്നില്ല ചിന്തയും വികാരവും വിചാരവും അതിനെല്ലാം ആധാരമായിരിക്കുന്ന മനസ്സും ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഇതൊന്നും ഒരിക്കലും ആത്മാവിനെ ബന്ധിക്കുന്നില്ല ബാധിക്കുന്നില്ല ഇതാണ് ഇവിടെ പറയുന്നത് മാണ്ഡൂക്യം പറയുന്നു അതാണ് അവന്റെ ഈ പ്രപഞ്ചത്തിന്റെ വികാര വിചാരങ്ങളെ കുറിച്ചൊന്നും ചിന്തിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യം പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെ മാറ്റാനോ മറിക്കാനോ ഒന്നും സാധ്യവുമല്ല അത് അനുകൂലമായാലും പ്രതികൂലമായാലും ഒരുപോലെ തന്നെ എന്തുകൊണ്ട് അത് പരമാർത്ഥമല്ല പരമാർത്ഥമല്ലാത്ത ഒന്നിന് ആത്മാവിനെ ബാധിക്കാൻ സാധ്യമല്ല ഈ ഒരു തത്വത്തെ ബോധിക്കാനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവിടെ എന്താണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള പ്രവൃത്തിയും നിവൃത്തിയും പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ മാറി നിവൃത്തിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പ്രപഞ്ചത്തിലെ ഈ പ്രവൃത്തികൾ ശല്യമാണെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നിവൃത്തി ആഗ്രഹിക്കുന്നു ഇവിടെ പറയുന്ന എന്താണോ പ്രവൃത്തിയും നിവൃത്തിയും രണ്ടും തുല്യമാണ് രണ്ടും വ്യത്യാസമൊന്നുമില്ല തത്വത്തെ ഗ്രഹിക്കുന്നവന് രണ്ടും തുല്യമാണ് തത്വത്തെ ഗ്രഹിക്കാത്തവൻ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി ആഗ്രഹിക്കുന്നു തത്വത്തെ ഗ്രഹിച്ചവന് പ്രവൃത്തിയും നിവൃത്തി സംബന്ധമാണ് ഇപ്പോൾ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി വേണോ നിവൃത്തി വേണം തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നത്തിന് ചോദ്യത്തിന് നിലനിൽപ്പില്ല പ്രവൃത്തിയാണോ നിവൃത്തിയാണോ എന്തുകൊണ്ടവിടെ രണ്ടില്ല അദ്വൈതം പരമാർത്ഥത ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ നീക്കുന്നത് ദ്വൈതത്തിലാണ് നീക്കുന്നത് അദ്വൈതത്തെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചോദ്യമില്ല ചോദ്യാജ്ഞന്റെ നിലയില്ല മനസ്സിൽ അവന്റെ മനസ്സിലങ്ങനെ ഒരു ചോദ്യം ചിഹ്നം ബലത്തിൽ ഞാൻ പ്രവർത്തിക്കണമോ നിവർത്തിക്കണമോ കാരണം അവനെ സംബന്ധിച്ച് അങ്ങനെ രണ്ടില്ല എന്നു അവനെ സംബന്ധിച്ച് പ്രവൃത്തിയിലും നിവൃത്തിയിലും ഭേദമില്ലാതെ പ്രവൃത്തിയെ മോശമായിട്ടോ നിവൃത്തിയോ ശ്രേഷ്ഠമായിട്ടോ അവൻ കാണുന്നുണ്ട് പരമാർത്ഥം ആ തത്വബോധത്തിന് അവനുള്ള ശേഷിയുണ്ട് എന്തുകൊണ്ട് തത്വബോധത്തിൽ അവനീ പ്രവൃത്തിയോ പ്രവൃത്തി അവനെ ബന്ധിക്കുന്നില്ല നിവൃത്തി അവന് പ്രത്യേകിച്ച് സുഖം കൊടുക്കുന്നില്ല നമ്മൾ സാധാരണ എന്താണ് കരുതുന്നത് പ്രവൃത്തി എന്നെ ബന്ധിക്കുന്നു എന്ന് കരുതുമ്പോൾ ഞാൻ നിവൃത്തിയിൽ നിന്നും സുഖം തേടാൻ ആഗ്രഹിക്കുന്നു അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് തത്വത്തെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന് പ്രവൃത്തി ബന്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ നിവൃത്തിയിൽ നിന്ന് സുഖം നേടുന്നത് സുഖം നേടേണ്ട ഒന്നല്ല അവൻ പ്രവൃത്തി നിവൃത്തികൾക്ക് അതീതനായി നിൽക്കുന്നു എന്തുകൊണ്ട് പ്രവൃത്തി നിവൃത്തികൾക്ക് അതീതനായ ആത്മാവാണ് താൻ അവൻ ബോധിക്കുന്നു പ്രവൃത്തി നിവൃത്തികൾക്ക് അതീതനായ ആത്മാവാണെന്ന് താൻ ബോധിച്ചാൽ അവനെന്തായി അവൻ സ്വതന്ത്രനായി സർവതന്ത്രസ്വതന്ത്രനായി സർവകർമ്മ സ്വതന്ത്രനായി സർവസങ്കല്പ സ്വതന്ത്രനായി അപ്പൊ പിന്നെ അവന് പ്രവൃത്തിയെ സംബന്ധിച്ചോ നിവൃത്തിയെ സംബന്ധിച്ചുള്ള വ്യാകുലതകളൊന്നുമില്ല അതാണ് പ്രവൃത്തോ നിവൃത്തോ സ്ഥിതി പ്രപഞ്ചം പ്രവർത്തിക്കുന്നു നിവർത്തിക്കുന്നു എന്നവൻ ആത്മനിഷ്ഠമായി മനസ്സിലാക്കുന്നു തന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അന്യനെ സംബന്ധിച്ചല്ല അല്ലെങ്കിൽ അന്യമായ ഒരു ആത്മാവിനെ സംബന്ധിച്ചല്ല പറയുന്നു അവന് അവൻ എന്തിനു പ്രവൃത്തിയെ ഭയപ്പെടുന്നു എന്തിനവൻ നിവൃത്തിയെ മാത്രം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് അങ്ങനെ ഒരവസ്ഥയിൽ ബന്ധു മോക്ഷമില്ലാതെ നിവർത്തിയാണ് അവൻ മോക്ഷമായിട്ട് തരുതുന്നത് പ്രവൃത്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മോക്ഷമെന്ന് അങ്ങനെ അവന് തന്നിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു മോക്ഷത്തിന്റെ ആവശ്യം നമ്മൾ സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കുന്ന മോക്ഷങ്ങളാണ് ഇതൊക്കെ സ്വന്തം സങ്കല്പത്തിലൂടെ നമ്മൾ ഒരുപാട് മോക്ഷങ്ങളെ സൃഷ്ടിക്കുന്നത് അത് വാസ്തവത്തിൽ ബന്ധനമാണ് നിവർത്തിയ നമ്മൾ സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കുമ്പോൾ അതും ഒരു പ്രവൃത്തിയായി നമ്മൾ സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കുന്ന ഈ മോക്ഷങ്ങളെല്ലാം എന്താണോ അതെല്ലാം പ്രവൃത്തി തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ പ്രവൃത്തിയിൽ നിന്ന് മുക്തനാകുന്നുണ്ട് ചില പറയും സന്യാസി ആയിക്കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ നിന്ന് മുക്തനായ മഹാബദ്ധമാണ് ആന്തരികമായോ ബാഹ്യമായോ സന്യാസം കൊണ്ടൊരാൾ മുക്തനായി തീരെത്തില്ല അങ്ങനെ സംഭവിക്കുന്നുണ്ടോ പിന്നെ സന്യാസം കൊണ്ട് പഴയകാലത്തെന്താ ഉദ്ദേശിച്ചിരുന്നത് ബാഹ്യമായ കർമ്മങ്ങളുടെ ത്യാഗം വൈദികമായ കർമ്മങ്ങളുടെ ത്യാഗം ആ വൈദികമായ കർമ്മങ്ങൾ മനുഷ്യനെ ഭ്രാന്തനാക്കി ആചാര്യന്മാർ പറഞ്ഞു എന്തായാലും ഭ്രാന്ത് നന്നല്ല അതിനുപേക്ഷിക്കാൻ പറഞ്ഞു അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ അവിടെയും പറയുന്നുണ്ട് അലിംഗ സന്യാസം മുഖ്യം എന്ന് പറയും സലിംഗ സന്യാസം ഗൌണം സലിംഗ സന്യാസം എന്ന് പറയുന്നത് എന്താണ് സന്യാസത്തിന്റെ ബാഹ്യമായ ചിഹ്നങ്ങൾ അതിനാണ് ലിംഗം എന്ന് പറയുന്നത് ബാഹ്യമായ ചിഹ്നങ്ങളോടുകൂടിയ സന്യാസം അത് ഗൌണമായ സന്യാസമാണ് മുഖ്യമായ സന്യാസമാണ് അതെന്താണ് അത് ബാഹ്യമാണ് സന്യാസം എന്ന് പറയുന്ന അവൻ തന്നിൽ ആരോപിക്കുന്നതാണ് കാവ് വസ്ത്രം ശിരസ് തല മുണ്ടനം ചെയ്യുക ദണ്ട് കമണ്ടു തുടങ്ങിയതിനൊക്കെ സ്വീകരിക്കുക ഇതെല്ലാന്നുള്ളതാണ് ലിംഗം എന്ന് പറയുന്നത് അടയാളങ്ങൾ അത് ഗൗണമെന്നാ പറയും അതിനാണ് നിവൃത്തി മാർഗം എന്ന് പറയും ഇവിടെ അതിനപ്പുറമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അലിംഗസന്യാസം എന്ന് പറയുന്നത് കണ്ടായവൻ സന്യാസിയാണ് തിരിച്ചറിയാനും അടയാളങ്ങളൊന്നുമില്ല വേഷഭൂഷാദികളോ അടയാളങ്ങളോ ഒന്നുമില്ല സന്യാസം ആന്തരികമാണ് അതാണ് ഇവിടെ പറയുന്ന എന്താണ് പ്രവൃത്തിയോ നിവൃത്തിയോ ഇല്ലാത്ത അവസ്ഥ അവിടെ നിവൃത്തിയില്ല പ്രവൃത്തിയില്ല പ്രവൃത്തിയിലോ നിവൃത്തിയിലോ ആകാം കാണുന്നവന്റെ ദൃഷ്ടി കാണുന്നവൻ പറയാം ഇവൻ നിവൃത്തനാണോ എന്ന് പറയാം കർമ്മങ്ങളൊന്നുമില്ല കാണുന്നവന്റെ കാഴ്ചയിലാണോ അല്ലെങ്കിൽ കാണുന്നവൻ പറയാം അവൻ പ്രവൃത്തിനാണോ അവൻ പ്രവർത്തിച്ചു അത് അനിംഗ സന്യാസം ബാഹ്യമായ അടയാളങ്ങളൊന്നും വേണമെന്നില്ല സന്യാസത്തിൽ അങ്ങനെയൊരു നിലയെക്കുറിച്ചാണ് കൂടെ പറയുന്നത് അവിടെ പ്രവൃത്തിയോ നിവൃത്തിയോ ഇല്ല പിന്നെ ഈ ബാഹ്യസന്യാസത്തിന് നിർദ്ദേശിക്കുന്നതിനൊരു ഉപായെന്നുള്ള നിലയ്ക്ക് അത് ശ്രേഷ്ഠമായിട്ട് ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ അതാണ് ചർവും അതാണ് പരമാർത്ഥം അതായി കഴിഞ്ഞ പിന്നെ എല്ലാമായി എന്നെന്നുംധരിക്കുന്നതിന് ഒരു അർത്ഥവും അത് ശ്രേഷ്ഠം തന്നെയാണ് മറ്റു പലതിനെ അപേക്ഷിച്ച് പക്ഷെ അത് അവസാനത്ത് താനങ്ങനെ ഒരു സന്യാസം സ്വീകരിച്ചു അതുകൊണ്ട് താൻ കൃതാർത്ഥനായി ദിവ്യനായി യോഗ്യനായി എന്നൊന്നും ആർക്കും കരുതാനുള്ള യാതൊരു പഴുതും ശാസ്ത്രത്തിന് ശാസ്ത്രം പരമാവധി പറയുന്ന എന്താണോ ശ്രുതി പറയുന്ന എന്താണ് അതിനപ്പുറം നീക്കി പ്രവൃത്തിക്കും നിവൃത്തിക്കും ഉപരിയായി നീക്കില്ല അതാണ് തന്റെ തെരുവെന്ന് ബോധിക്കുക അങ്ങനെയുള്ളവനെന്താണ് അതിന്റെ ലക്ഷണം എന്താണ് അവൻ നിവൃത്തിയെ കാക്ഷിക്കുന്നില്ല പ്രവൃത്തിയെ ദ്വേഷിക്കുന്നില്ല സാധാരണ എന്താണ് നമ്മൾ കാണുന്നത് നമ്മൾ എന്നിട്ടും പ്രവൃത്തിയെ ദ്വേഷിക്കും എന്നിട്ടും നിവൃത്തിയെ കാക്ഷിക്കും ആധ്യാത്മിക സാധന എന്നുള്ള നത്വബോധത്തിന്റെ പ്രധാനമായ അടയാളം എന്താണ് ഇത് രണ്ടുമില്ല പ്രവൃത്തിയെങ്കിൽ പ്രവൃത്തി നിവൃത്തിയെങ്കിൽ നിവൃത്തി രണ്ടുമാകാം രണ്ടിനോടെ വ്യത്യാസമില്ല ഏതെങ്കിലും ഒന്നും വേണമെന്ന് പ്രത്യേകിച്ച് മമതയില്ല പിന്നെ അതെന്തായിരിക്കും അവനവന്റെ പ്രാരബ്ധനുസരിച്ച് അവനവന്റെ സ്വഭാവം അനുസരിച്ച് ദേവസ്വ യേശസ്വഭാവ എന്നും പറഞ്ഞിട്ടോ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അവസാന വാക്കാണത് വ്യവഹാരത്തെ സംബന്ധിച്ചുള്ള അവസാനത്തെ വാക്കാണ് അവന്റെ സ്വഭാവമനുസരിച്ച് എന്താണോ അവന് പ്രതിഫലിക്കുന്നത് അത് സംഭവിക്കുന്ന മാത്രമേയുള്ളൂ അപ്പൊ ഈ പരമാർത്ഥത്തെ ഇവിടെ ബോധിക്കുക എന്നാണ് പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒന്നും മനസ്സിവയ്ക്കില്ല ഏതിന നിവൃത്തിയെ സംബന്ധിച്ചുള്ള നിവർത്തിക്കണം എന്നുള്ള സങ്കല്പം വേണ്ട നിങ്ങൾ നിവർത്തിക്കണം എന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തത്വബോധം വന്നിട്ടില്ല എന്നാ പ്രവർത്തിക്കണമെന്നാഗ്രഹിച്ചാലോ എന്നാലും വന്നിട്ടില്ല പ്രത്യേക സങ്കല്പങ്ങളും പ്രത്യേക ആഗ്രഹങ്ങളും കൂടാതെ പ്രവൃത്തിയോ നിവൃത്തിയോ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും അജ്ഞാനപ്രേരിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ സങ്കല്പങ്ങളും കുടുങ്ങി കിടക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരം പറയുന്നത് പശ്ചിത് പ്രപഞ്ച പ്രവൃത്തവോ നിവൃത്തവോ അവനൊരു പ്രപഞ്ചം പ്രവർത്തിക്കുകയോ നിവർത്തിക്കുകയോ ചെയ്യുന്നില്ല ആരല്ല ആത്മാവിനെ കുറിച്ച് പറയുകയോ ഇതാണ് പരമാർത്ഥ സ്ഥിതി എന്നാണ് പക്ഷെ ആ ഒരു ഉണർവ് ഒരുവൻ റൂളിൽ വന്നില്ലെങ്കിൽ അവനിപ്പോ നിവൃത്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല പ്രവൃത്തി അവൻ ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കുന്നു പ്രവൃത്തി എന്തുകൊണ്ട് അസ്വസ്ഥയുണ്ടാകുന്നു അവന് തത്വബോധം അവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട് അതിന്റെ ഒരു മറുമരുന്നായിട്ട് അവനെന്താഗ്രഹിക്കുന്നു നിവൃത്തി ആഗ്രഹിക്കുന്നു അതൊരു തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല അവൻ സന്യാസി ആകാം ബ്രഹ്മചാരിയാകാം എല്ലാകാം അത് എന്താണോ അവസാനത്തെ ഒരു മരുന്നല്ല അത് ഒരു ഉപായം മാത്രം പ്രവൃത്തിക്കുള്ള ഒരു മറുമരുന്ന് ആയിട്ട് വേണമെങ്കിൽ അത് സ്വീകരിക്കാം താൽക്കാലികമായൊരു ഉപായം അതിൽ വിജയിച്ചെന്നും വരാം വിജയിച്ചില്ലെന്നും വരാം പക്ഷെ അതിനൊക്കെ നമ്മൾ പ്രേരിപ്പിക്കുന്ന എന്താണ് ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള നമ്മുടെ മിഥ്യാധാരണകളാണ് അതാണ് ഇതിനേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് ആ മിഥ്യാധാരണകളിൽ നിന്നുള്ള മോക്ഷം അതാണ് ഇവിടെ പറയുന്ന മോക്ഷം പറയുന്നത് അവിടെ എന്താണ് ഗീര പറഞ്ഞതുപോലെ അംഷതി അവനൊന്നിനും ദേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് അതാണ് പരമാർത്ഥമായ അത് തന്നെ ഇവിടെയും പറയുന്നു ഗുണ ഗുണേഷ് വർത്തന്ത എന്നെ അവിടെ വിശദീകരിച്ചു അതിൻ്റെ ഇവിടെ പറയേണ്ട കാര്യം വേറെ തരത്തിലു കഷകാരനും കരിയിലും അതിവിടെ വീണ്ടും പറയുന്നു പ്രപഞ്ചോയതി വിദ്യേതേതെന്ന സംശയ माया मात्रमिदं യാത്രം ദ്ധത വിവർത്തെതോയ കഴിത് ഉപദേശാ ന് विद्यते ശാസ്ത്രം ശിഷിക സാറിന് പറയല്ല എല്ലാ അദ്വൈതമാണ് നുറിഞ്ഞു വിശക്കത്തില്ല ഭക്ഷണം വേണ്ടേ അദ്വൈതം പറയണമെങ്കിൽ വല്ലതും കഴിക്കണ്ടേ ഇതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അദ്വൈതം മുട്ടാത്തർക്കങ്ങളെന്ന് പറയും അദ്വൈതത്തെ സംബന്ധിച്ച് പറയുന്ന പാമരന്മാരുടെ ആക്ഷേപങ്ങളാണ് അറിവുള്ളവരുടെയല്ല ഇതെല്ലാം നിക്കും അവിടെ അദ്വൈതം ഇത് രണ്ടും കൂടി എങ്ങനെ സംഭവിക്കും അദ്വൈതമെന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ ഇവിടെ അടുക്കളയുണ്ട് പാചകമുണ്ട് ഭക്ഷണമുണ്ട് അത് കഴിക്കുന്നു സ്വാമിയെല്ലാം വയറും നിറച്ച് പഠിച്ചിട്ടാണ് ഇരുന്ന് അദ്വൈതം പറയും അപ്പൊ അതുവരെ അദ്വൈതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഈ അദ്വൈതം പറച്ചില്ല മാത്രമേ ഉള്ളൂ അദ്വൈതമാണെങ്കിൽ പിന്നെ ഇതെല്ലാം എങ്ങനെ സംഭവിക്കും ശാസ്ത്ര ശാസ്ത്ര ശിഷ്യീതി വികൽപ്പ് കഥം നിവർത്തത ഇതെല്ലാം എങ്ങനെ നിവർത്തിക്കുന്നു നിങ്ങൾ അദ്വൈതം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജനിച്ചിടം പോലും മരിക്കുന്നത് വരെ അദ്വൈതം പറഞ്ഞുകൊണ്ടായിരിക്കുന്നു പറയുന്നവനുണ്ട് കേൾക്കുന്നവനുണ്ട് ശാസ്ത്ര ഉപദേശിക്കുന്നവൻ ശാസ്ത്രം അവന്റെ പറച്ചിൽ ശിഷ്യൻ ഇതെല്ലാം ഇങ്ങനെയുണ്ട് ഇതെല്ലാം നിലനിൽക്കെ അദ്വൈതമൊന്നും പറയുന്നു എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിന് എന്താണ് ഇതൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യമാണ് എന്നാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ സമാധി സ്വീകരിച്ചിട്ട് ഇതിനെല്ലാം മറയ്ക്കാൻ ശ്രമിക്കുന്നത് സമാധിയിലെ അദ്വൈതം സാധ്യമാകുമെന്ന് നമ്മൾ കരുതുന്ന അതുകൊണ്ടാണ് അദ്വൈതമില്ല ഉറങ്ങുന്നതും ശരിയല്ല അതുകൊണ്ട് സമാധി അങ്ങനെ ചിന്ത പോകുന്ന ഇതെല്ലാം അങ്ങനെ ഇല്ലാതാകും എന്നാണ് ഇവിടെയും ചോദിക്കുന്നത് ബാക്കിയെല്ലാം പോട്ടെ ഗുരുവും ശിഷ്യനും വേണമല്ലോ ഉപദേശവും വേണം ശാസ്ത്രം എന്ന് വെച്ചാൽ ഗുരുവിന്റെ ഉപദേശം ചുരുങ്ങിയത് ഇത് മൂന്നെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അദ്വൈതം സാധ്യമാകും മുമ്പ് പറഞ്ഞ സമാധാനം തന്നെ വേറെ രീതി പറയുന്നു വികൽപ്പോ വിനിവർത്തിയതീനജിത്യാ ഇത് നിങ്ങൾ കൽപ്പിച്ച് സൃഷ്ടിച്ചതാണെങ്കിൽ ഇതൊക്കെ ഇല്ലാതാകണം തുടക്കത്തിലേ പറഞ്ഞു എന്താണ് ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ഇതൊക്കെ താൻ കൽപ്പിച്ചതാണെന്ന് വേദാന്തം പറയുന്നില്ല പക്ഷെ അങ്ങനെ നമ്മൾ ധരിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്റെ കല്പനയാണ് അത് പലരും പറയും അതങ്ങനെ സ്വാമിക്ക് പറയാൻ പറ്റും കല്പനയല്ലെന്ന് അഷ്ടാവക്ര പറയുന്നുണ്ട് വാസിഷ്ടത്തിൽ പറയുന്നുണ്ട് മറ്റ് പല പുസ്തകങ്ങളിലും പറയുന്നുണ്ടൊക്കെ കൽപ്പിച്ചതാണ് എന്നെങ്ങനെയാ ഇത് കല്പന അല്ല എന്ന് പറയുന്നു ഇവിടെ കൽപ്പനയല്ല എന്ന് പറയുന്ന ആരാണ് ഇത് ഞാനോ നീയോ കൽപ്പിച്ചതല്ലെന്നാ പറയുന്നത് കൽപ്പന എന്നുള്ളതിനിക്കുന്നു ഇത് കല്പനയാകാം അല്ലെങ്കിൽ ഭാഷകാരം പറയുന്ന പോലെ ചിത്തസ്പന്ദനമാകാം ഭ്രമമാകാം മായാപരിണാമമാകാം ആത്മവിവർത്തമാകാം നിരവധി ശബ്ദങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാം ശബ്ദത്തിലല്ല ഇവിടെ കാര്യം ഞാനല്ലെങ്കിൽ നീ കൽപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് അത് ശരിയല്ല അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്തുകൊണ്ട് ഞാനും നീയും തന്നെ കൽപനയാണ് ഞാനും നീയും കൽപ്പനയായിരിക്കുമോ പിന്നെ ഞാനും നീ കൂടെ ചേർന്നത് അതുകൊണ്ട് പറയുന്നു ഇതങ്ങനെ ആരെങ്കിലും കൽപ്പിച്ചാണെങ്കിൽ ശരിയെന്ന് പ്രവർത്തിക്കാം അങ്ങനെയല്ല വിധുരജ്ജിയുടെ സർപ്പം പോലെയാണ് മായാവിയുടെ ഇന്ദ്രജാലം പോലെയാണോ എന്നൊക്കെ പറയുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാട് മിഥ്യാധാരണകളും തെറ്റായ സങ്കല്പങ്ങളും ആ കേട്ടനെ കടന്നുവരുന്നു അവിടെയും നമ്മൾ പരമാർത്ഥത്തെയല്ല ബോധിക്കുന്നു മായയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സ് മായാവിയിലല്ല പോകുന്നു മായയിലാണ് രജ്ജു സർപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ മനസ്സ് പോകുന്നത് രജ്ജുവിലുള്ള സർപ്പത്തിലാണ് അവിടെയാണ് നമ്മൾ മനസ്സ് കിടന്ന് കറങ്ങുന്നത് എന്നുവെച്ചാൽ പരമാർത്ഥത്തിൽ പോകുന്നില്ല ആ പരമാർത്ഥത്തിൽ നമ്മളെ എത്തിക്കാൻ വേണ്ടിട്ടാണ് ഇത് പറയുന്നത് എന്താണോ ഇതാരെങ്കിലും കൽപ്പിച്ചാണെങ്കിൽ ശരി പ്രവർത്തിക്കും ഞാനോ നീയോ കൽപ്പിച്ചണെങ്കിൽ ഞാനോ നീയോ ഇത് കൽപ്പിച്ചതല്ല ഈ പ്രപഞ്ചം പ്രാജ്ഞനെക്കുറിച്ചും അന്തര്യാമിയെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തപ്പോഴും അവിടെ ഈ കാര്യം പറഞ്ഞാണ് യഥായും പ്രപഞ്ച മായാ രജ്ജു സർപ്പവായം ശിഷ്യാതിഭേദ വികൽപോ വിബോധ ദൈവ ഉപദേശനിമിത്തോ ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഉപദേശം നൽകുന്നത് ഗുരുവും ശിഷ്യനും എല്ലാമുള്ളത് അപ്പോ ഈ പരമാർത്ഥത്തിൽ ഗുരുവിനും ശിഷ്യനും ഉപദേശത്തിനൊക്കെ നിലനിൽക്കുന്നതിനുള്ള ഒരു തലമാണിത് ഈ ഒരു തലത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് ഇത് പരമാർത്ഥവൊന്നുമല്ല ഇതിനെയെല്ലാം നിലനിർത്തുന്ന ഒരു പരമാർത്ഥത്തെ ഇതിലൂടെ തന്നെ ബോധ്യപ്പെടുക അതാണ് ഇവിടെ പറയുന്നത് ഇതിനെ നിലനിർത്തുന്ന ഒരു പരമാർത്ഥമാണ് അതിനാണ് ഇവിടെ പറഞ്ഞത് പ്രപഞ്ചം എന്താണ് മായാ രജ്ഞ സർഭവത് തഥായം ശിഷ്യാതിഭേദവികൽപ്പതി പ്രാഗ് പ്രതിബോധ പറഞ്ഞല്ലോ ഉറക്കത്തിൽ നിന്ന് ഒഴിച്ചുണർത്തുന്നത് പോലെ ഉണരുന്നു ആ ഉണരുന്നതിന് മുമ്പ് ഇതെല്ലാം സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഗുരുവും ശിഷ്യനും പ്രപഞ്ചവും എല്ലാം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ ഉണർവില ബോധിക്കുന്നെന്താണ് ഇതിനെയെല്ലാം നിലനിർത്തിയ സത്യം അതിന് മാത്രമേ വാസ്തവത്തിലുള്ള നിലനിൽക്കുള്ളൂ ഇതെല്ലാം സർപ്പത്തെപ്പോലെ ഇന്ദ്രജാലത്തെ പോലെയാണ് അതാണ് ഇവിടെ പറയുന്നത് ഉപദേശനിമിത്തോ ഇത് ഉപദേശത്തിനു വേണ്ടിയാണ് ഉപദേശത്തിനു വേണ്ടി ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നു ശിഷ്യനും എന്നൊക്കെയുള്ള ഭേദഗതി നിലനിൽക്കുന്നുണ്ട് ഉപദേശാദ് അയം വധ ശിഷ്യ ശാസ്ത്ര ശാസ്ത്രം അദ്വൈതത്തെ ബോധിപ്പിക്കണമെങ്കിൽ ഈയൊരവസ്ഥ ഇങ്ങനെ നിലനിന്നേ പറ്റും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിലനിന്നുകൊണ്ടാണ് അദ്വൈതത്തെ ബോധിപ്പിക്കുന്നത് അതിനുവേണ്ടി ഇതെല്ലാം സത്യമാകണമെന്നില്ല ഇതെല്ലാം അദ്വൈതത്തിനെതിരാകണമൊന്നുമില്ല ഇതെല്ലാം ഈ ഭേദവികൽപങ്ങൾ അദ്വൈതം ബോധിക്കുന്നതുവരെ അദ്വൈതം ബോധിച്ചു കഴിഞ്ഞാലോ ദൈവ സ്ഥിശസ്വഭാവ അല്ലെങ്കിൽ മായ മാത്രം അദ്വൈതം മാത്രം ശേഷിക്കുന്നു അദ്വൈതം മാത്രം ശേഷിക്കുന്നു മായ മാത്രമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് അന്യമായി ഇതൊന്നും നിലനിൽക്കുന്നില്ല എന്ന അതിൽ നിന്ന് വേറിട്ട് ഇതിൽ നിന്നും ഇപ്പൊ കാണുന്നതുപോലല്ല ഇത് നിലനിൽക്കുന്നത് ഇപ്പൊ കാണുന്നെങ്കിലും ഇതെല്ലാം സത്യമായി കരുതുന്നു ഗുരു സത്യമാണ് ശിഷ്യ സത്യമാണ് ഉപദേശ സത്യമാണ് അങ്ങനെ കരുതുന്നു ഇവിടെ പല സത്യങ്ങൾ അനുഭവപ്പെടുന്നു പ്രാക് പ്രതിബോധ ആ ബോധം വന്നു കഴിഞ്ഞാലോ സത്യം വേഗം മാത്രമേയുള്ളൂ സത്യത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നു സത്യത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നതിന് ദോഷമുണ്ട് എന്തുകൊണ്ട് ഇതിനൊന്നും സത്യത്തെ ബാധിക്കുന്നതിന് സത്യത്തെ സ്പർശിക്കുന്നതിന് ശേഷി ഉപദേശകാരി നിർവൃത്തി ഉപദേശം കൊണ്ട് നടിന്റെ എന്താണ് ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ജ്ഞാനമാണ് ബോധമാണ് ശിഷ്യൻ അത് നിർവൃത്തി അത് സാധിച്ചു കഴിഞ്ഞാലോ ജ്ഞാതെ പരമാർത്ഥ തത്വേ ദ്വൈതം നവിദ്യതേ പിന്നെ ദ്വൈതം തന്നെ നിനക്കൊന്നല്ല ആത്യന്തികമായി ഇവിടെ പറയാനുള്ള ഇതാണ് എന്താണോ പരമാർത്ഥ തത്വത്തിൽ ദ്വൈതം നിലനിൽക്കുന്നില്ല അനുഭവത്തിൽ നമ്മുടെ വ്യവഹാരത്തിൽ ദ്വൈതം അനുഭവപ്പെട്ട് അനുഭവപ്പെടാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ സംഭവിക്കാൻ തന്നെ പരമാർത്ഥത്തിൽ അതില്ല അതാണ് ഇവിടെ പറയുന്നത് ഞാതെ ദ്വൈതം എന്ന വിദ്യതാണ് ആത്യന്തികമായി ഇത്രേ പറയാൻ പറ്റൂതിനെ സംബന്ധിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും സമാധാനം അവിടെയാണ് ഗുരുവും ശിഷ്യനും ഇതുമെല്ലാം നിലന്നതുകൊണ്ടല്ലേ ഇതിനെ ആശ്രയിച്ചിട്ടല്ലേ നിങ്ങൾ ഈ പറയുന്ന ബോധമുണ്ടായത് ഇതിനെയൊക്കെ ആശ്രയിച്ച് ഉണ്ടാകുന്ന ബോധം ആ ബോധത്തിൽ എല്ലാം സത്യമാണെങ്കിൽ അദ്വൈതമാണെങ്കിൽ എന്തിനെ ആശ്രയിച്ചാണോ ഇതെല്ലാം ഉണ്ടായത് ഇതുമൊക്കെ സത്യമാകണ്ടേ അവിടെ പറയുന്ന എന്താണ് ആ സത്യത്തിൽ നിന്ന് വേറിട്ടിതൊന്നും നിലനിൽക്കുന്നില്ല സത്യത്തിൽ നിന്ന് അന്യമായിട്ട് ഗുരുവോ ശിഷ്യനോ ശാസ്ത്രമോ ഇല്ല അതുകൊണ്ട് അദ്വൈതം എന്നുള്ളതിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഗുരു ഏത് ശിഷ്യൻ ഏത് ശാസ്ത്രം ഏത് എന്ന് പ്രത്യേകം പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല എല്ലാ ദ്വൈതം തന്നെ തത്വത്തെ ബോധിച്ചവന് ദ്വൈതമില്ല തത്വത്തെ ബോധിച്ച ഗുരുവിന് ഗുരുവേര് ശാസ്ത്രം വേര് ശിഷ്യൻ വേര് അങ്ങനെ ഒരു ദ്വൈതമില്ല എന്നാണ് അതിന്റെ അവസാനത്തെ മറുപടിയായി പറയുന്നത് അജ്ഞൻ ഗുരുവിനെയും ശാസ്ത്രത്തെയും ശിഷ്യനെയും വേറെ കാണും ഞാനിയും എന്തു ചെയ്യുന്നു ഗുരുവിനെയും ശാസ്ത്രത്തെയും ശിഷ്യനെയും കാണുന്നുണ്ട് പക്ഷെ അവിടെ വേറെ വേറെ ആയിട്ടുള്ള അദ്വൈതമായി കാണും അപ്പോൾ താൻ അജ്ഞനായി സ്വയം ധരിച്ചുകൊണ്ട് ഗുരുവിനെ സമീപിച്ച് ജ്ഞാനോപദേശം നേടി അപ്പൊ ഈ സന്ദർഭങ്ങളിലെല്ലാം എന്താണോ തനിക്ക് ദ്വൈതമുണ്ട് ആ ദ്വൈതത്തിൽ നിൽക്കുന്നുകൊണ്ടാണ് തനിക്ക് ഗുരുവും ശാസ്ത്രവും ഉപദേശവും എല്ലാം വേറെ വേറെ നിൽക്കുന്നത് അവസാനം ആ ജ്ഞാനം നേടിയാലോ ദ്വൈതമില്ല ഗുരുവും ശാസ്ത്രവും ശിഷ്യനും എല്ലാം നിലനിന്നാലും ദ്വൈതമില്ല എന്തുകൊണ്ട് ഇതിനൊന്നും ഇവിടെ പരമാർത്ഥത്തിനു നിലയില്ല ദേവസ്വ യേശസ്വഭാവ ഇതെന്നാ അതിന്റെ സ്വഭാവമായി നിൽക്കുന്ന അതിൽ നിന്നും അന്യമായിട്ടൊന്നുമില്ല അല്ലെങ്കിൽ തന്നിൽ നിന്നും അന്യമായിട്ടൊന്നുമില്ല അതിലൂടെ ഗുരുവും ശിഷ്യന് ശാസ്ത്രവും ദ്വൈതത്തെ ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇവിടെ ഒന്നും കൽപ്പിക്കുന്നുമില്ല ഒന്നും നിവർത്തിക്കുന്നുമില്ല അതാണ് പരമാർത്ഥം എന്നാണ് പരമാർത്ഥം ബോധിക്കാതിരിക്കുമ്പോ ഈ നാനാത്വം കാണുമ്പോൾ ഒരു സമാധാനം വേണമല്ലോ എന്തുകൊണ്ടിത് ഇത് പരമാർത്ഥമല്ല എന്നാൽ നാനാത്വമായി നിലനിൽക്കുന്നു ഒരു സമാധാനമായി പറയണത് ഇതൊരു കൽപ്പനയാണ് പരമാർത്ഥത്തിന്റെ ജനമോ എന്ന് പറയുന്നു ആ കൽപ്പന കൽപ്പിക്കുന്നവനിൽ നിന്നും അന്യമല്ല അതുകൊണ്ട് ഞാതെ ദ്വൈതം നവിദ്യതേ പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ അവിടെ ദ്വൈതമില്ല പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കും പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ദ്വൈതമില്ല അതുകൊണ്ട് ദ്വൈതത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഇല്ല ഉത്തരം പറയേണ്ട ബാധ്യതയും ഇല്ല അവിടെ അജ്ഞന്റെ ചോദ്യം ൊണ്ടേയിരിക്കുക അവന്റെ അജ്ഞത കൊണ്ടാണ് പക്ഷെ പരമാർത്ഥം ബോധിച്ചവന് ഉത്തരം പറയേണ്ട ബാധ്യതയില്ല ഇതുകൊണ്ട് അവരിൽ അജ്ഞത ഇല്ലാത്തതുകൊണ്ട് അദ്വൈതത്തിൽ ചോദ്യവും ഉത്തരവുമില്ല അതാണ് ഇവിടെ അവസാനമായി പറഞ്ഞു നിർത്തുന്നത് പരമാർത്ഥ തത്വേ ദ്വൈതം എന്ന വിദ്യാഭ്യാസം പറയാൻ പറ്റും മറ്റ് വിശദീകരണങ്ങളൊന്നും ഇവിടെ കൊടുക്കാൻ സാധ്യമല്ല കൊടുക്കേണ്ട ആവശ്യവും ഇല്ല വീണ്ടും ചോദ്യവും ഉത്തരവുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കത്തില്ല ഈ ചോദ്യ ഉത്തരങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അവസാനം വരണോ അതെവിടെ വരും പരമാർത്ഥ തത്വത്തിൽ വരും ഇവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിക്കും അതുകൊണ്ട് ഉപദേശാദയം ശിഷ്യനെ കാര്യങ്ങൾ ബോധിപ്പിക്കും അങ്ങനെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി എന്ത് ചെയ്യുന്നു ഈ കല്പിതമായ ഈ ദൈതത്തെ അംഗീകരിക്കുന്നു അതാണ് അംഗീകരിച്ചോണ്ട് പോകുന്നു അത് ശിഷ്യനെ പരമാർത്ഥം ബോധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് പരമാർത്ഥം ബോധിച്ചു കഴിഞ്ഞാലോ പിന്നെ അവിടെ ശിഷ്യന് ചോദ്യമില്ല ഗുരുവിന് ഉത്തരം പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഞാതെ ദ്വൈതം എന്ന അതുകൊണ്ട് ആത്യന്തികമായി പ്രപഞ്ചം കൽപ്പിച്ചതാണ് ആ കല്പന മാറണം എന്നെല്ലാം നമ്മൾ ധരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ദ്വൈതസങ്കല്പങ്ങളാ വരുന്നു അങ്ങനെയുള്ള ദ്വൈതസങ്കല്പങ്ങൾക്കും ഇവിടെ നിലനിൽക്കില്ല എന്നാണ് പറയുന്നത് അതിനുവേണ്ടി പറയണം ഇതാരും കൽപ്പിച്ചതല്ല കത്തിക്കാത്തത് കൊണ്ട് തന്നെ ഇത് നിവർത്തിക്കേണ്ട ആവശ്യമില്ല പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടിവിടെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പരമാർത്ഥത്തെ ബോധിച്ചാൽ മാത്രം മതി അവിടെ എല്ലാ സംശയങ്ങളും എല്ലാ യത്നങ്ങളും എല്ലാ ജിജ്ഞാസകളും അവിടെ ശ്രമിക്കുന്നു അതാണ് പരമാർത്ഥം എന്നാണ് ഇവിടെ പറഞ്ഞത് ഇത്രയും പറഞ്ഞുകൊണ്ടിവിടെ ആ പരമാർത്ഥ തത്വ ഉപദേശം ഉപനിഷത്തിനും കരികയിലും അവസാനിപ്പിക്കുന്നു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വേണ്ടവണ്ണം പറഞ്ഞ രീതിയിൽ ബോധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ഭാഗങ്ങൾ മുഴുവൻ ഉപനിഷത്തിനും കരികയിലും വികൾപോ വിവർത്തെതീദോ എ കഴിത് ഉപദേശാവാദോ നദം ന Yeah. on oh, the possession and the glory of the Lord